थिपेण्वा श्री पातु श्लोक ूय प्रवक्ष ज्ञा ज्ञानुत्तम यज्जा मुनये परां सिद्धिमित गुण विभाग भगवदी പതിനാലാമത്തെ അധ്യായമാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ വിഷയം ജീവന് ഭഗവത്പ്രാപ്തിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം എന്നുവെച്ചാൽ ഭഗവാനെ അനുഭവിക്കുക നിത്യനിരന്തരം ഭഗവതാനന്ദം അനുഭവിക്കുക എന്ന് ഭക്തന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം ജ്ഞാനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളുടെ തന്നെ സ്വരൂപത്തിനെ അറിയുക സ്വരൂപത്തിന്റെ ആത്മാവിന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ് പ്രിയമാണ് ശാന്തിയാണ് ഇപ്പം നമ്മൾ ഭക്തി എന്ന് വിളിക്കുന്നത് ജ്ഞാനത്തിലുമുണ്ട് ജ്ഞാനിയെ കണ്ടാലും ഭക്തനെ കണ്ടാലും യഥാർത്ഥ ജ്ഞാനിക്കും ഭക്തനും വ്യത്യാസം ഉണ്ടാവില്ല അവരുടെ ഉപദേശത്തിലോ ബാഹ്യമായുള്ള ഭാഷയിലോ വ്യത്യാസം കണ്ടേക്കാം രമണ മഹർഷി ആത്മവിചാരത്തിനെ मुख्यमुय रामकृष्ण परमंस भक्ति बाह्य मुख्यमंत्री पर कहम अनुभ की सत्यम एला ज्ञान वस्तु तनुभविक व्यसम आ सत्य स्वयं कजी शंकराचार्य व्याख्यम अग्रियां गरीय मोक्ष मार्ग भक्ति ऐटो श्रेष्ठ आईटू पक्षर भक्त व्याख्य व्यतस्वरूपानुसंधान भक्तिरिधीये അവനവന്റെ സ്വരൂപത്തിനെ ഇടവിടാതെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞു സ്വരൂപം എന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ വസ്തുത നമ്മൾ എന്താണ് നമ്മൾ വാസ്തവത്തിൽ നമ്മളുടെ സ്വരൂപം എന്താണ് എന്ന് അറിയലാണ് ഭക്തി നമുക്കിപ്പോ ഭക്തി എന്ന് പറയുമ്പോ ഭഗവാൻ പുറമേക്കൊണ്ട് ഭജിക്കുന്ന ഭക്തൻ ഉണ്ട് അത് സാധനാ ഭക്തിയാണ് സാധനാ ഭക്തിയിൽ ഭഗവാനെ ജീവൻ ഭജിക്കുന്നു ആചാര്യസ്വാമികൾ തന്നെ ഭാഷ്യത്തില് പലയിടത്തും പറയുന്നുണ്ട് ഭക്തി സാധനാ ഭക്തിയായി ഭജിക്കുമ്പോ ഭജിക്കപ്പെടുന്ന ഭഗവാൻ തന്നെ ആരിലൂടെയെങ്കിലും നമുക്ക് ആത്മതത്വത്തിനെ ബോധിപ്പിക്കും ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ ഭഗവാൻ തന്നെ ഏതെങ്കിലും വ്യക്തിയിലൂടെ നമുക്ക് സത്യത്തിനെ കാണിച്ചു തരികയും നമ്മള് ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ सत्य समूर्ण साक्षात् पराभक्ति अथवा निर्गुण भक्ति भागवतुमर उपदेश भक्ति वो सगुणसागर निर्गुण भक्तिण भक्तिपुर गुणमी ए നിർഗുണം എന്നുള്ളതിന് ഗുണമില്ലാത്തത് എന്നല്ല അർത്ഥം ത്രിഗുണങ്ങളുടെ സമ്പർക്കമില്ലാത്തത് എന്നാണ് അർത്ഥം അതിൽ എല്ലാ അലൗകിക ഗുണങ്ങളും അതിലുണ്ട് ശാന്തിയുണ്ട് കാരുണ്യമുണ്ട് ആനന്ദമുണ്ട് അഭയമുണ്ട് അഭയം സത്വസംശുദ്ധി എന്ന് പറഞ്ഞ് കഴിഞ്ഞ അധ്യായത്തിൽ കുറേ ഗുണങ്ങൾ പറഞ്ഞു അതൊക്കെ ഞാനീൽ സഹജമായിട്ടിരിക്കും ഭക്തനിൽ സഹജമായിട്ടിരിക്കും അതൊന്നും ത്രിഗുണസമ്പർക്കമില്ലാത്തതാണ് ചുരുക്കത്തിൽ അജ്ഞാന സമ്പർക്കം ഇല്ലാതാവുമ്പോൾ ഒരു ജീവൻ അപ്പോ ഏതൊന്നിനെ അറിഞ്ഞാലാണോ കണ്ടെത്തിയാലാണോ സമ്പൂർണമായ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവത്തിൽ വരണത് ഇന്നലെ പറഞ്ഞ പോലെ ആ ഭൂമാവ് അനുഭവത്തിൽ വരണത് സത്യത്തിനെ കണ്ടെത്തി എന്നുള്ള സംതൃപ്തി ഉണ്ടാവണത് സത്യം വാസ്തവത്തിൽ കണ്ടെത്തപ്പെടേണ്ടതല്ല സത്യമല്ലാത്തതിനെയൊക്കെ കളയുകയാണ് വേണ്ടത് സത്യം നമ്മളുടെ സ്വരൂപമാണ് സത്യമല്ലാത്തതിനെയൊക്കെ മാറ്റിക്കളഞ്ഞാൽ സത്യം എപ്പോഴും ഉണ്ട് സത്യമല്ലാത്തതിനെ മാറ്റുക എന്ന് വെച്ചാൽ സത്യമല്ലാത്ത വസ്തുക്കളെ ആശ്രയിക്കുന്നത് പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുക അപ്പൊ സത്യം സ്വയമേവ പ്രകാശിക്കും സത്യം എന്ന് വെച്ചാൽ തന്നെ എന്താണ് ഏതൊന്നാണോ മാറാത്തത് യശുഭിഹി അവസ്ഥാ ബിഹീന വ്യഭിച്ചരത്തി തത് സത്യം ഒരവസ്ഥകളിലും ഒരുവിധത്തിലും പരിണമിക്കാത്തതും അപരിണാമിയായിട്ടുള്ളതിനാണ് സത്ത് എന്ന് പേര് തന്നെ ഇത് വളരെ പ്രധാനമാണ് ഈ ഡെഫിനേഷൻ നമ്മൾ ദിവസവും ഏകാന്തത്തിലിരുന്ന് सत्य लक्षण विचारम चेदम अदा आद्यपड़ी ऐकान स्थान आश्रध्यात्म साधना अद कई अद्याय भगवा विविध देश सैविजन वाक पर पे अध्यात्म लक्षण तेजांतु മനസ് മനനം ചെയ്തുടങ്ങുന്നു രാമൻ ലോകവാസിഷ്ടത്തില് വസിഷ്ഠനോട് പറയുന്നു വെറുതെ മനുഷ്യനായി ജീവിച്ചിട്ട് എന്ത് കാര്യം തരവോപി ജീവന്തി ജീവന്തി മൃഗപക്ഷിണ സജീവതി മനോയസ് മനനേനവ ജീവതി വൃക്ഷങ്ങളും ജീവിക്കുന്നു മൃഗങ്ങളും പക്ഷികളും ജീവിക്കുന്നു ആര് നിത്യനിരന്തരം സത്യത്തിനെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവനാണ് വാസ്തവത്തിൽ ജീവിക്കുന്നവൻ മനനശീലനായിട്ടുള്ളവനാണ് മനുഷ്യൻ അപ്പൊ മനനം ചെയ്യും തോറും സത്യം അകമയ്ക്ക് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും നമ്മൾ അകമയ്ക്ക് ചികഞ്ഞ് ചികഞ്ഞ് നമ്മളല്ലാത്തതിനെയൊക്കെ മാറ്റി നിർത്താൻ പഠിക്കും തോറും നമ്മൾ വാസ്തവത്തിൽ എന്താണോ അത് അനുഭവമണ്ഡലത്തിൽ തെളിഞ്ഞു വരും തൈര് കടയുമ്പോൾ വെണ്ണ തൈരിലുള്ളവെണ്ണ തന്നെ കൂടി മുകളിലേക്ക് വരുന്ന പോലെ നമ്മളിൽ നിഗൂഢമായിട്ടിരിക്കുന്ന സത്യം ഭഗവാന്റെ സ്വരൂപം ആനന്ദ സ്വരൂപനായ ആ ഭഗവാന്റെ സ്വരൂപം അഥവാ ആത്മസ്വരൂപം അകമയ്ക്ക് തെളിഞ്ഞു തെളിഞ്ഞ് തെളിഞ്ഞു പ്രകാശിക്കും അതിനെ ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യണം മനനം എങ്ങനെ ചെയ്യണം മനനത്തിന്റെ സ്വഭാവം എന്താണ് എന്തിനെ വെച്ചുകൊണ്ട് മനനം ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഡെഫനേഷൻ ഇതാണ് ഏത് ഒരിക്കലും മാറാത്തതോ അത് സത്യം ഈ ഡെഫനേഷനും വെച്ചുകൊണ്ട് തുടങ്ങാം ഇതാണ് തത്വവിചാരം എന്ന് പറയുന്നത് ഏതൊന്നാണോ മാറാത്തത് അത് സത്യം മാറാത്തതിനെ എവിടെ അന്വേഷിക്കണം അന്വേഷിച്ചു നോക്കൂ എവിടെയെങ്കിലും മാറാത്തതുണ്ടോ എന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ സർവവസ്തുക്കളും കാണുന്നതൊക്കെ തന്നെ പരിണമിക്കുന്നു കാണുന്നവനായ എന്നിലെ ശരീരം മനസ്സൊക്കെ പരിണമിക്കുന്നു അങ്ങനെ എല്ലാത്തിനെയും അന്വേഷിച്ചു നോക്കുമ്പോൾ സൂര്യചന്ദ്രാദി ഗോളങ്ങളും പരിണമിക്കുന്നു നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായാൽ ആ അനുഭവം വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു എല്ലാം പരിണമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് കാണുന്നവൻ പരിണമിക്കാതെ നിൽക്കുന്നു കാണപ്പെടുന്ന വസ്തു കാണുന്നവനെ മാറ്റി നിർത്തിയാൽ ഇല്ലാതെ മറഞ്ഞുപോവുകയും ചെയ്യുന്നു നേരല്ല ദൃക്കിത് ദൃശ്യത്തെ നേരല്ല ദൃശ്യം ഇത് ദൃക്കിനെ നീക്കി നോക്കിൽ വേറെല്ല വിശ്വം മരുവിൽ പ്രവാഹം നേരല്ല ദൃശ്യം ഇത് ദൃക്കിനെ നീക്കി നോക്കില്ല ദൃക്കിനെ മാറ്റി നിർത്തിയാൽ ദൃശ്യപ്രപഞ്ചമില്ല ദൃശ്യപ്രപഞ്ചം കാണുന്നവനുള്ളത്തോളമേ ഉള്ളൂ കാണുന്നവനാണ് വസ്തു കാണപ്പെടുന്നതിൽ നിന്നും കാണുന്നവനിലേക്ക് അറ്റൻഷൻ ഷിഫ്റ്റ് അതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് അതാണ് ഭഗവത്ഗീത വേദാന്തം എന്നൊക്കെ പറയണത് അവിടെ അസ്തമിച്ചു ദ്രിക്കിൽ അസ്തമിച്ചു ആ ദ്രിക്കിനാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത് ആ ഭഗവത് സ്വരൂപത്തിൽ നിത്യത്വം ഉണ്ട് കാണപ്പെടുന്നതൊക്കെ തന്നെ യശ്യം തന്നശ്യം കാണപ്പെടുന്നതൊക്കെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകും രമണ ഭഗവാനോട് ഒരു ഭക്തൻ ചോദിച്ചു അരുണാചല ശിവൻ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അങ്ങ് എന്ത് ചോദിക്കും മഹർഷി പറഞ്ഞു ഈ പ്രത്യക്ഷപ്പെടുന്ന പണിയൊന്നും എന്റെ അടുത്ത് വേണ്ടെന്ന് പറയും ഈ പ്രത്യക്ഷപ്പെടലും മറയലും പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു സുഖം മറഞ്ഞു പോകുമ്പോൾ ദുഃഖം ഈ ഏർപ്പാട് വേണ്ട കാണപ്പെടുന്നതൊക്കെ മറഞ്ഞു പോകും കാരണം അത് വരുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു അത് മറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാവും കാണുന്നവനാരാ കാണുന്നവനിൽ വേണം സത്യത്തിനെ കണ്ടെത്താൻ കാണുന്നത് എത്ര വിശിഷ്ടപ്പെട്ട വസ്തുവാണെങ്കിലും ആ വസ്തുക്കളൊക്കെ ഒരു കാലത്തല്ലെങ്കിൽ ഒരു കാലത്ത് മറിഞ്ഞു പോകും ഇതാണ് ആദ്യപടിയായിട്ടുള്ള യുക്തി ഇത് അനുഭവയുക്തിയാണത് അതായത് നമ്മൾക്ക് ഓൾറെഡി അനുഭവത്തിലുള്ളതായ ഭഗവത് സ്വരൂപത്തിനെ കാണിച്ചു ഉപനിഷത്തും ഗീതയും ഭാഗവതം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന മാർഗം ഇതാണ് നമ്മളുടെ ശ്രദ്ധയെ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ഒരു പരിണാമവുമില്ലാതെ നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ ഇണങ്ങി നിൽക്കുന്നതായിട്ടുള്ള സത്താചിത്സുഖരൂപമായിട്ടുള്ള സത്യത്തിനെ നമുക്ക് കാണിച്ചു യിട്ടുള്ള മാർഗമാണ് സത്സംഗം എന്ന് പറയണത് അതിനാണ് സത്സംഗം അത് വളരെ കുറച്ചൊക്കെ പറഞ്ഞാൽ മതി ശരിക്കത് കമ്മ്യൂണിക്കേഷനിൽ നടക്കേണ്ടതാണ് ഉപനിഷത്തായിരിക്കണം അത് ഇങ്ങനെ മൈക്കും വെച്ച് വർഷാവർഷം വന്ന് പ്രസംഗം ചെയ്യണമെന്ന് പറയുമ്പോൾ പറഞ്ഞതേ കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ ആളുകളും അതിന് തയ്യാറല്ലാത്ത ഒരു സ്ഥിതിയുമാണെങ്കിൽ മനസ്സുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിസീവ് ചെയ്യണമെങ്കിൽ മനസ്സിന് എന്താന്ന് വെച്ചാൽ അടുത്തത് എന്താ പറയണത് ഇപ്പോൾ പറയാൻ പണമെന്ന് മനസ്സിനറിയാം അതുകൊണ്ട് മനസ്സ് തൊടുന്ന വസ്തുക്കളെയൊക്കെ ജഡമാക്കി തീർക്കും അവസാന അനുഭവം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കേൾക്കുന്ന നിങ്ങളും വളരെ ജാഗ്രതയോടെ ഇരുന്നോളണം ഈ കേൾക്കുന്നത് മനസ്സിന്റെ ഭാഗമായി തീരാൻ വേണ്ടിയിട്ടല്ല പറയുമ്പോൾ സത്യത്തിൽ നിന്നു മാറി നിൽക്കാതെ ഞാൻ പറയുകയാണെങ്കിൽ കേൾക്കുന്ന നിങ്ങളും സത്യത്തിനെ മനസ്സിലാക്കാനോ ഇൻഫർമേഷൻ ഗാദറിങ്ങിനോ പ്രാമുഖ്യം കൊടുക്കാതെ ഓരോ സത്സംഗവും ഓരോ ദിവസം നമ്മൾ ഇരിക്കുമ്പോഴും നമ്മളുടെ ശ്രദ്ധയെ സാധിക്കുമെങ്കിൽ കേൾക്കുന്നതിനേക്കാളും പ്രാമുഖ്യം കേൾക്കുന്നവനിലേക്ക് തിരിയുന്നതാണെന്ന് അറിഞ്ഞു തന്നിൽ ആഴ്ത്തിയിരുത്തുകയാണെങ്കിൽ ഓരോ സത്സംഗവും നമുക്ക് ഒരു ആത്മവിചാര തീരും ശ്രദ്ധയെ പതുക്കെ പതുക്കെ ശ്രദ്ധിക്കുന്നവനിലേക്ക് തിരിക്കുകയാണ് എത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ എത്ര ചെയ്വ ആത്മനാ ആത്മാനം പശ്യന്ന് ആത്മനി തുഷ്യത്തി നമ്മളുടെ ഉള്ളില് ഒരു ചലനവുമില്ലാത്തതോ ഒന്നും ഉണ്ട് അതിനാണ് കൂടസ്ഥം എന്ന് പറയണത് ആ കൂടസ്ഥ ചൈതന്യം ഒരുപാട് വാക്കുകളൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയായിത്തൊടങ്ങും ആളുകൾ ഒരു പറ്റം കുറച്ച് വാക്കുകളിൽ വീഴും വേറെ ഒരു പക്കം കുറെ ആളുകൾ മനസ്സിലാവാതിരിക്കും ചലിക്കാതിരിക്കണത് കൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടസ്ഥൻ ആ കൂടസ്ഥ ചൈതന്യം ഭഗവാന്റെ സ്വരൂപം അചലം ആ അച്ചലമായ സത്യം നമ്മളുടെ സ്വസ്വരൂപമാണ് അത് നമ്മളാണ് ഞാൻ എന്ന അനുഭവത്തിൻ്റെ തന്നെ മൂലരൂപമാണത് നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വമാണ് നമ്മളുടെ വ്യക്തിത്വത്തിന് രണ്ടു മണ്ഡലമുണ്ട് പറയുമ്പോ രണ്ട് ഞാൻ നമുക്ക് ഏകദേശം പറയാം ഒന്ന് തനി അസംബന്ധമായ ഞാൻ അത് ഈ ജന്മത്തിൽ ജീവിച്ച് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ക്ഷത്രിയനാണ് ഞാൻ വൈശ്യനാണ് ഞാൻ ശൂദ്രനാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് സ്ത്രീയാണ് പുരുഷനാണ് ബ്രഹ്മചാരിയാണ് ഗൃഹസ്ഥനാണ് സന്യാസിയാണ് മനുഷ്യനാണ് എന്ന് പല വിധത്തിലും ശരീരവുമായി താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന ഞാൻ ആ പേഴ്സണാലിറ്റിയും വ്യക്തിത്വം ഇത് നമ്മളുടെ ഒറിജിനൽ സ്റ്റേറ്റ് അല്ല ഇതൊരു തരം രോഗമാണ് കൊച്ചുകുട്ടികൾക്ക് അതില്ല നാച്ചുറലായിട്ട് അതില്ല കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ നോക്കുക കുറച്ചു കുറച്ചായിട്ടാണ് നമ്മള് പതുക്കെ കുട്ടിക്ക് ഒരു പേര് വെച്ചു ഹരി എന്ന് പേര് വെച്ചു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു ഹരി ആരാണ് ആദ്യമൊന്നും കുട്ടിക്ക് മനസ്സിലാവില്ല പിന്നെ പിന്നെ ഹരി ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് പറയും കുട്ടി എന്നിട്ട് കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത് ആരുടെയാണ് എന്റെ ആണ് ഞാൻ എടുക്കണുട്ടോ എന്ന് പറയും എല്ലാ വീടുകളിലും നമ്മള് അറിയ അൺകോൺഷ്യസ് ആയിട്ട് കുട്ടികളെ ഒരു കാര്യം പഠിപ്പിക്കും കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പോയി ഇത് എന്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അറിയാൻ തുടങ്ങും അമ്മയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകണു എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അറിയാൻ തുടങ്ങും ശരിക്കും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അറിയണില്ല നമ്മൾ വിചാരിക്കണത് നമ്മൾ തമാശ കളിക്കണതാണ് നമ്മൾ തമാശ കളിക്കല്ല ഇത് എല്ലാ നാട്ടിലും എല്ലാവരും ചെയ്യും ഇതും അവരെ അറിയാതെ ഇതെന്താന്ന് വെച്ചാൽ ഈ നായ്ക്കള് കണ്ടിട്ടുണ്ടോ കുട്ടി നായ്ക്കളെ കടിക്കാൻ പഠിപ്പിക്കും അത് കളിപ്പിക്കല്ല നാളെ അതിനെ ഇരപിടിക്കാൻ വേണ്ടിയിട്ട് കടിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് അതേപോലെ നമ്മളും ചെയ്ത നമ്മൾ പെട്ട അവദ്യേക്ക് അൺകോൺഷ്യസായിട്ട് അവരെ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണത് കുട്ടിയെ പതുക്കെ പറഞ്ഞ് ഞാനാണ് ഇത് ഞാനാണെന്ന് പറഞ്ഞു കണ്ണെവിടെ എന്ന് ചോദിച്ചാ ആദ്യം മൂക്കിനെ കാണിക്കും അത് പിന്നെ കണ്ണ് മൂക്ക് ചെവി എന്നൊക്കെ പറഞ്ഞ് ഹരി ഞാനാണ് ആ പുസ്തകം വേറെ ആരുടെയോ ആണ് അല്ലെങ്കിൽ അത് എന്റെ കൊടുക്കരുത് എന്നൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ആണ് ആ ബോഡിയിൽ കുട്ടി എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും പതുക്കെ കയ്യേ കാലൊക്കെ താനാണെന്ന് അറിയുകയും അതിന്റെ ഉള്ളിൽ എന്റർ ആവുകയാണ് പതുക്കെ പ്രവേശിക്കുകയാണ് ശരീരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ആ കുഞ്ഞു ലോകത്തിന് നോക്കിത്തുടങ്ങുന്നത് ശരീരം എന്നുള്ള ഒരു വിചിത്രമായ ഒരു സാധനത്തിന്റെ ഉള്ളിലേക്ക് ജീവൻ പ്രവേശിക്കുകയാണ് വാസ്തവത്തിൽ ജീവന് ചുറ്റും ശരീരം വളരുകയാണ് എന്നിട്ടാണ് പിന്നെ ആ ശരീരത്തിന് ഉപയോഗിക്കുന്നത് ഗർഭത്തിൽ ശരീരം പതുക്കെ പതുക്കെ വളരെയാണല്ലോ ആ ജീവന് ചുറ്റും തപസ് ചെയ്യുന്ന ഒരാൾക്ക് ചുറ്റും ഉറുമ്പുപുറ്റു വരുന്ന പോലെ ഈ ജീവന് ചുറ്റും ശരീരം വളരുകയും ആ ശരീരം താനാണെന്ന് കുഞ്ഞ് കരുതുകയും അത് പതുക്കെയാണ് കരുതുന്നത് ജനിച്ച് കുറെ കഴിയുന്നവരെ ആ കുഞ്ഞിന് ശരീരത്തിനോടൊന്നും കണ്ട്രോളേ ഇല്ല കൈ പോകും കാലുങ്ങോട്ട് പോകും അതിനൊന്നും കണ്ട്രോളില്ല അതിങ്ങനെ അന്തരീക്ഷത്തിലിരിക്കുകയാണ് ആ അന്തരീക്ഷത്തില് ആ ശരീരം ഇരിക്കുകയും ഈ കുഞ്ഞ് വെറും ഒരു ബോധകണികയുമാണ് ആ ബോധ കണിക്ക അല്ലെങ്കിൽ ഭൂമാമാണ് അനന്ത അതുകൊണ്ടാണ് ഇത്ര ആനന്ദം അതിന് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ആ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാമെങ്കിൽ നമ്മളും ബോധപൂർവം കുഞ്ഞുങ്ങളാവാമെങ്കിൽ നമ്മൾക്കും ആനന്ദം വരും ആ സന്തോഷം വരും കുട്ടികൾക്ക് രണ്ട് ബലം മുഖ്യമായ ബലം അന്യമായൊന്നും അറിയില്ല എന്നുള്ളതാണ് ശരീരത്തിന് തന്നെ അറിഞ്ഞിട്ടില്ല പിന്നെയാണ് ശരീരത്തിൽ കടന്ന് ഓരോ കോശങ്ങളിലേക്കും കടന്ന അഭിമാനം ഉണ്ടായി ഇത് താനാണെന്ന് അറിഞ്ഞ് പിന്നെ പുറത്തുള്ള ഓരോ വസ്തുക്കളും ഈ ശരീരം ഞാനാണെന്നും ഈ ശരീരത്തിനോട് സംബന്ധപ്പെട്ടതൊക്കെ എന്റെയാണെന്നും ധരിച്ച് അവിദ്യയുടെ മണ്ഡലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സമാധാനമായി കുട്ടി നമ്മളെ പോലെ ആയി എന്നാണ് ഒക്കെ പറയണോ മനസ്സിലാക്കി ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പേഴ്സണാലിറ്റി അതിന് ഇനിയും തൂവലുകളും തൊപ്പിയും തൂവലും ഒക്കെ വെച്ചുകൊടുത്ത് പല പേരുകളും പറഞ്ഞ് ഉണ്ടാക്കി അധ്യാസത്തിനു മേല വേദാന്തം അധ്യാസം എന്നാണ് പറഞ്ഞത് ഭയങ്കരമായ രോഗമാണിത് വിവേക ചൂടാമണിയിൽ അനേകം ശ്ലോകങ്ങളിൽ പറയുന്നു അധ്യാസ അപനയം കുരു എന്നാണ് ഈ അധ്യാസത്തിന് പതുക്കെ പതുക്കെ നീക്ക എന്തൊക്കെ തന്നെ മറച്ചിരിക്കുന്നു അത് ഓരോന്നായി എടുത്തു കളയൂ സ്വതന്ത്രനാവും പണി കുറെ ഉണ്ട് കാര്യം വളരെ എളുപ്പമാണ് പക്ഷെ എന്താ നമ്മൾ വേണ്ടാത്തൊരു ഒരുപാട് സാധനം കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോഴും കൂട്ടിക്കൊണ്ടേയിരിക്കണു അധ്യാസം പല വിധത്തിലാണ് ലൗകികധ്യാസം പോകും ചിലപ്പോൾ അധ്യാത്മ അധ്യാസം പോവുകയില്ല ഏറ്റവും പ്രബലമായ അവിദ്യയാണ് ഞാൻ സന്യാസിയാണെന്നും ഞാൻ അലൗകിക പുരുഷനാണെന്നും ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ അതാണ് നാരായണ ഗുരുസ്വാമി ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു ആത്മവിചാരവും ഒക്കെ ചെയ്ത് അഹങ്കാരം നശിപ്പിക്കാൻ പുറപ്പെട്ട ആൾക്ക് വലിയൊരു അഹന്തണം എന്നാണ് എന്താന്ന് വെച്ചാൽ ലൗകികൻ അവൻ്റെ ശരീരം ഒരു ഉപയോഗ മാത്രമാണ് പക്ഷെ ഈ ആൾക്ക് എന്തു പറ്റൂണെന്ന് വെച്ചാൽ ശരീരം ദിവ്യമായിട്ട് തീരും ശരീരത്തിനെ താനെന്ന് ധരിക്കുകയും ശരീരം സ്വാമിയാണെന്നും ശരീരം മഹാത്മാവാണെന്നൊക്കെ ധരിച്ചു പോയാൽ ഞങ്ങളൊക്കെ നിങ്ങളെക്കാളും വലിയ അവിദ്യയിൽ കുരാക്കൂരിട്ടിൽ പോയി പെടും അപ്പോ ഈ അവിദ്യയിൽ നിന്നും പതുക്കെ ചകഞ്ഞ് ചകഞ്ഞ് നമ്മളല്ലാത്തതിനെ ഒക്കെ മാറ്റിയാൽ നമ്മൾ വാസ്തവത്തിൽ എന്താണോ അത് സ്വയമേവ പ്രകാശിക്കും അധ്യാസ അപനയം കുരു ഈ അധ്യാസം നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് അല്ല ഇനിയിപ്പോ മാറ്റു ഞാൻ പറഞ്ഞു മാറ്റണത്തിനൊന്നും വലിയ പ്രാമുഖ്യം കൊടുക്കണ്ട ദിവസം രാത്രി ഉറങ്ങുമ്പോൾ എവരിസ് ഡ്രോപ്പിംഗ് ഓഫ് ബൈ ഇറ്റ് സെൽഫ് അല്ലെ ഉറക്കത്തിനൊക്കെ വീണ് പോകുന്നു ഒന്നുമില്ല അവിടെ ബ്രാഹ്മണനും ഇല്ല ശൂദ്രനുമില്ല എഞ്ചിനീയറും ഇല്ല ഡോക്ടറും ഇല്ല അമേരിക്കക്കാരനും ഇല്ല ഇന്ത്യക്കാരനും ഇല്ല മൃഗമില്ല മനുഷ്യനുമില്ല അവിടെ ഒരു സത്ത മാത്രമേ ഉള്ളൂ ആ സത്ത നമ്മളുടെ സ്വരൂപമാണ് ആ സറ്റിത്സുഖസ്വരൂപമായ സത്യം അറിയപ്പെട്ടാൽ അഥവാ അത് പ്രകാശിച്ചാൽ നമുക്ക് അകമിക്കാം നമുക്കതിന്റെ അനുഭവം ഉണ്ടായാൽ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിമുക്തരായിട്ട് തീരും എന്നാണ് ഭഗവത്ഗീത പറയണത് അവരെ ഗുണാതീതന്മാര് സ്ഥിതപ്രജ്ഞൻ ജീവൻ എന്നൊക്കെ പല പേരും പറയണം ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഇതാണ് വേദാന്തത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടിത്തം കണ്ടുപിടിത്തം എന്നൊന്നും പറയണ്ട ഇത് നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ് ഇവിടെ പുറമേക്കൊരു ഈശ്വരനെ പോലും നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ ഒരാളും പറഞ്ഞില്ല സത്യത്തിനെ കാണിച്ചു മാത്രമേ ഉള്ളൂ വിവേക ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ് भगवानें लोक जीवन भयपाही मृत्यो मरण मेल याद नष्ट्रो सत्य विमुक्त वहीिकाणिक सद्गु पर कुे भयपाष्टि अबाय സംസാരസിന്ധോ തരണേ അസ്ഥി ഉപായ നീ ഭയപ്പെടണ്ട ഈ സംസാര സിന്ധുവിനെ തരണം ചെയ്യാൻ ഉപായമുണ്ട് ഞാൻ കണ്ടുപിടിച്ചതല്ല ഏനൈവ യാതാഹ യഥയോസ്യഭാരം എത്രയോ പൂർവ സൂര്യകൾ ഋഷികൾ നടന്നുപോയ ഒരു രാജമാർഗമുണ്ട് തമേവ മാർഗം തവ നിർദ്ദിശാം നീ ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ ശ്രദ്ധയോടെ വിചാരം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വഴി കാണിച്ചു തരാം നീ വിമുക്തനാവും നീ വിമുക്തനായാൽ നീ മാത്രമല്ല കുലം പവിത്രം ജനനീ കൃതാർഥ വസുന്ധരാ പുണ്യവതീച്ചതേന് നിന്റെ കുലം പവിത്രമാകും നിന്റെ മാതാവ് കൃതാർത്ഥയാവും ഈ ഭൂമി നിന്റെ പാദസ്പർശം ഏറ്റവും പവിത്രമായിട്ട് തീരും വസുന്ധരാ പുണ്യവതീച്ചതേന് അപാര സച്ചിത് സുഖസാഗരേസ് ലീനം പരേ ബ്രഹ്മണീയ ആരുടെ മനസ്സ് ആ പരബ്രഹ്മത്തിൽ പരമാനന്ദ സുഖസ്വരൂപത്തിൽ രമിക്കുന്നുവോ അവനാൽ വസുന്ധര പവിത്രമായി തീരും മാതാവ് കൃതാർത്ഥയായിട്ട് തീരും അതുകൊണ്ട് കുഞ്ഞേ തനിക്ക് പറഞ്ഞു തരാം പറഞ്ഞ് സത്യത്തിനെ അനാവരണം ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെയാണ് ഇവിടെ ഭഗവാനും അർജുനനോട് പറയണത് അർജുന പരംഭൂയഹാ പ്രവക്ഷ്യാമി ഭൂയഹ എന്നുവച്ചാൽ വീണ്ടും പലമുറ പറഞ്ഞതാണ് ഗീതയിൽ ആദ്യം മുതൽക്ക് പറഞ്ഞതാണ് എന്തിനു വീണ്ടും വീണ്ടും പറയണു എന്ന് വെച്ചാൽ ആവർത്തിരസകൃതുപദേശാത് ആയുർവേദത്തിൽ ചില മരുന്നൊക്കെ തന്നിട്ട് നൂറ്റിയെട്ട് ആവർത്തി എന്നൊക്കെ പറയും വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കാം എന്തു കൊടുത്താൽ ഇത്ര ആവർത്തി കഴിക്കുക എന്ന് പറയും അതുപോലെ ആവർത്തിരസകൃതുപദേശാത് അസകൃത് ഒരിക്കൽ പോരാ പലമുറ വീണ്ടും വീണ്ടും വീണ്ടും ശ്രവണം ചെയ്യുക എത്രകാലം ശ്രവണം ചെയ്യണം സത്യത്തിൽ നിഷ്ഠമാവുന്നവരെ ശ്രവണം ചെയ്യാം ഭാഗവിതത്തിൽ ശൗനകാദികൾ അതാണ് പറയണത് ഞങ്ങൾ പുറമേക്ക് ഇറങ്ങാതെ ഇരുന്ന് ശ്രവണം ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾക്ക് പുറമേക്ക് പോകാനാണ് പേടിയെന്നാണ് പുറമേക്ക് ഇറങ്ങിയാൽ കലി പുറത്തുണ്ട് ഭയപ്പെട്ടിട്ട് ഞങ്ങൾ ദീർഘസത്രം ഇട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേൾക്കട്ടെ യമൻ പോലും ഞങ്ങൾ സത്യത്തിനെ അറിയുന്നവരെ ഈ സപ്താഹം കഴിയുന്നവരെ യമൻ പോലും വരില്ല യമസ്യ ഹിതമാസനം എന്ന് പറഞ്ഞൊരു കൂർച്ഛമിട്ടുണ്ട് മൃത്യുഹൂ ശാമിത്രകർമ്മണി അങ്ങനെ സത്സംഗത്തിൽ രുചിച്ചിരിക്കുകയാണ് അവര് അതേപോലെ ഭൂയഹാപ്രവക്ഷ്യാമി ഭഗവാൻ പറയണത് വീണ്ടും ഞാൻ പറയാം അർജുന എന്താ പറയാൻ പോണത് ജ്ഞാനാം ജ്ഞാനം ഉത്തമം എല്ലാ അറിവുകളിലും വെച്ച് ആചാര്യസ്വാമികൾ ഇവിടെ പറയണത് ജ്ഞാനം എന്ന് വെച്ചാൽ ലൗകികമായ അറിവുകൾ യജ്ഞം യാഗം മുതലായിട്ടത് പഠിപ്പിന് ഇ ഇപ്പോ നവരാത്രിക്ക് ഫിസിക്സും കെമിസ്ട്രിയും പുസ്തകവും ഒക്കെ സരസ്വതി പൂജയ്ക്ക് വെക്കും അല്ലെ അതിനെയും നമ്മുടെ ജ്ഞാനമാണ് അറിവാണെന്ന് കണക്കാക്കണുണ്ട് പക്ഷെ ആ അറിവുകളിലൊക്കെ വെച്ച് ഉത്തമം ജ്ഞാനം ജ്ഞാനം ജ്ഞാനം ഉത്തമം ആ ജ്ഞാനത്തിന്റെ വൈശിഷ്ട്യം എന്താ ഇത് ജാത്തുവ ഏതൊന്നും അറിഞ്ഞിട്ടാണോ സർവേ മുനയഹ എല്ലാ മുനികളും മുനികളെന്നു വെച്ചാൽ സത്യത്തിനെ മനനം ചെയ്യുന്നവര് പരാംസിദ്ധിമിതോ ഇവിടെ ഇരിക്കുമ്പോ തന്നെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ പരമമായ ഒരു സിദ്ധിയെ നേടിയെടുത്തിട്ടുള്ളത് സിദ്ധി വെച്ചാൽ മാജിക്ക് കാണിക്കാനുള്ള പവറിനല്ല അർത്ഥം ആ സിദ്ധി വേദാന്തികൾ ഗണിക്കുന്നേയില്ല സിദ്ധന്റെ സിദ്ധികൾ മറ്റുള്ളവർക്ക് കണ്ട് ഭ്രമിക്കാനാണ് സിദ്ധന് പ്രയോജനപ്പെടില്ല അപ്പൊ സിദ്ധി എന്ന് വെച്ചാൽ എന്തെങ്കിലും കൈമിടുക്ക് വിദ്യയല്ല സിദ്ധി എന്ന് വെച്ചാൽ അറ്റൈൻമെന്റ് നേടിയെടുക്കൽ എന്ത് നേടിയെടുക്കൽ ഏറ്റവും വലിയ നേടിയെടുക്കൽ എന്താണോ അത് ഭാഗവതത്തിൽ ശ്രീ സുഖബ്രഹ്മ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വളരെ പ്രസന്നവും ശാന്തവുമാണ് आ शांति की कहमें भगवा रामण महर्षिये कद उन्नमें उड़ा मुखत् अत्र प्रशांति्यूड शांति आनंद आृप्ति एवं निजलाभ तुष्टा ഗ്രേറ്റസ്റ്റ് റിലാക്സേഷൻ വിശ്രാന്തി ആ വിശ്രാന്തി എവിടെ നിന്ന് വന്നു ഇനി എനിക്ക് പോകാനൊരിടമില്ല നേടിയെടുക്കാനൊന്നുമില്ല അറിയാൻ യാതൊന്നുമില്ല ഭയപ്പെടാൻ ആരുമില്ല ചെയ്യാനായിട്ടൊന്നുമില്ല സങ്കല്പവുമില്ല ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല ചെയ്യുന്നതുകൊണ്ട് നേടിയെടുക്കാനും ഒന്നുമില്ല നിത്യനിരന്തര തൃപ്തിയാണ് ആ സ്ഥിതിയാണ് പരാംസിദ്ധി നമ്മുടെ ഋഷികളൊക്കെ അതിനാണ് വില കൽപ്പിച്ചത് ആന്തരികമായ അറ്റൈൻമെന്റ് ബാഹ്യമായി നേടിയെടുത്ത് നേടിയെടുത്തിട്ടൊന്നും കാര്യമില്ല എന്നവര് കണ്ടെത്തി യാത്ര ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നവര് കണ്ടെത്തി മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോവുക പല പിതൃലോകത്തിലേക്ക് പോവുക ഇങ്ങനെ എവിടെ പോയാലും ദുഃഖം തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് അവർ കണ്ടെത്തി അതുകൊണ്ട് ഇഹാമുത്രാർത്ഥ ഫലഭോഗ ഇവിടെ എന്തൊക്കെ ദുഃഖമുണ്ടോ അതേ ദുഃഖം സ്വർഗലോകത്തിലും അതിനാ അതിനു ഈ പുരാണങ്ങൾ ഇന്ദിരനെ അസുരന്മാർ ആക്രമിക്കുന്ന കഥകളൊക്കെ പറയണത് ഒത്തിരി ആൾക്ക് മനസ്സിലാവും അവിടെ പോയാലും സ്വസ്ഥതയില്ല എന്നും അവിടെ പോയാലും ആക്രമണങ്ങളൊക്കെ വരും ഇന്ദിരനൊക്കെ പോകുമ്പോൾ എത്ര വിഷമിക്കണോ അതുകൊണ്ട് ആ പദവിയിലുള്ള മോഹമൊക്കെ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് അവർക്കൊക്കെ തല്ലുകൊള്ളുന്നതായിട്ടും അവർ ഓടി നടക്കണതായിട്ടും ശാപം കിട്ടുന്നതായിട്ടും കഥ പറയണത് എവിടെ പോയാലും ഇവിടുന്ന് അമേരിക്കയിൽ പോയാൽ സുഖം കിട്ടും എന്ന് ധരിക്കാൽ അവിടെയുള്ള ആളുകളെയൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു നോക്കാം എന്നിട്ട് വേണമെങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ വിവേകത്തോടു കൂടെ പോവാം അവിടെയും എന്തൊക്കെ അസ്വസ്ഥത ഇവിടെ ഉണ്ടോ അതേ അസ്വസ്ഥത അവിടെ ഉണ്ട് അവിടെയും സത്യം നേടിയെടുക്കാം ഇവിടെയും സത്യം നേടിയെടുക്കാം എവിടെ വേണമെങ്കിൽ നേടിയെടുക്കാം ഒന്നും ലോകത്തിലെ ഒരു സ്ഥലവും പ്രത്യേകമില്ല പക്ഷെ നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാലോ അവിടുന്ന് ഇങ്ങോട്ട് വന്നാലോ ഋഷികേശത്തിൽ പോയാലോ ഹരിദ്വാരത്തിൽ പോയാലോ ബദ്രീനാഥിൽ പോയാലോ ഒന്നും സ്വസ്ഥതയുണ്ടാവില്ല ഒരു തീർത്ഥയാത്രക്ക് പോവാം ഒന്ന് കണ്ടിട്ട് വരാം കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവും ഇവിടെ ഉള്ളത് തന്നെയാണ് അവിടെ ഉള്ളത് അവിടെ ഉള്ളതൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് കൈലാസത്തിൽ ചെന്നാലും ഭൂതഗണങ്ങളുടെ ചേഷ്ട കാണേണ്ടി വരും വൈകുണ്ഠത്തിൽ ചെന്നാലും ജയവിജയന്മാരുടെ അഹങ്കാരം കാണേണ്ടി വരും എവിടെ പോയാലും നമുക്ക് ഈ വിഷമങ്ങളൊക്കെ കാണേണ്ടി വരും സ്വസ്ഥത എവിടെ ഉണ്ട് ശാന്തി എവിടെ ഉണ്ട് ആത്മസ്ഥെ അനുപശ്യന്തിരാ തന്നില് വേണം കണ്ടെത്താൻ നമ്മൾ എവിടെയിരിക്കുന്നു ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പതുക്കെ പതുക്കെ അന്തർമുഖമാവുക ആദ്യപടി ഇതിന് അന്തർമുഖതയാണ് ബഹിർലോകത്തിലൊന്നും കിട്ടാനില്ല ബഹിർമുഖ സുദുർലഭ അന്തർമുഖ സമാരാധ്യ വ്യവഹാരത്തിന് അവരവരെന്തെന്തു ജോലി ചെയ്യുന്നു ഏതേത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ ഉപായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ പെർഫെക്ഷൻ ഉണ്ടാക്കണമെന്ന് ഇതൊക്കെ ഗീതയുടെ സിദ്ധാന്തങ്ങളാണ് കർമ്മത്തിൽ ഒരാൾക്കും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല ഒരു കർമ്മവും ലോകത്തിൽ പൂർത്തിയാവുകയുമില്ല എല്ലാ കർമ്മങ്ങളും ഇവിടെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും ഒരു കർമ്മവും പൂർത്തിയാവില്ല ലോകത്തിൽ ഒരിക്കലും പെർഫെക്ഷനും സാധ്യമല്ല പക്ഷെ നമ്മളുടെ കർമ്മം നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നായുടെ വേഷം കെട്ടിയാൽ കുരയ്ക്കുക അത്രയുള്ളൂ ആ പണി ഞങ്ങൾ ചെയ്യുക അതാ വട്ടത്തിൻ്റെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുക പക്ഷേ ലക്ഷ്യം പ്രവൃത്തിയല്ല പ്രവൃത്തി ചെയ്യുന്ന ശരീരം ഞാനുമല്ല ചിന്തിക്കുന്ന മനസ്സ് ഞാനുമല്ല ഉറങ്ങുന്ന കാരണശരീരവും എന്റെ സ്വരൂപമല്ല ഇതൊക്കെ വരികയും പോവുകയും ചെയ്യുന്നു ഒരു അവസ്ഥയിലും മാറാതെ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറാതെ നിൽക്കുന്ന അറിവ് അവബോധം ഞാൻ അനുഭവം സത്ത ചിത്ത് അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം എന്നറിഞ്ഞാൽ ശാന്തി ഉണ്ടാവും പക്ഷെ ആ ശാന്തിക്ക് വീണ്ടും ഭംഗമുണ്ടാവും ആ ഭംഗമുണ്ടാവാൻ കാരണം നമ്മളുടെ മനസ്സാണ് മനസ്സും ശരീരവും ശരീരം മനസ്സും വേറെയല്ല രണ്ടും ഒന്നാണ് ശരീരത്തിന്റെ ഉള്ളിലല്ല മനസ്സിരിക്കണത് മനസ്സിന്റെ ഉള്ളിലാണ് ശരീരം ഇരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ തമാശ മനസ്സിലാവാൻ ബുദ്ധിമുട്ടേണ്ടത് മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത് മനസ്സ് ഒരു പ്ലെയിൻ വിട്ട് ഉള്ളിലേക്ക് വലിയുമ്പോൾ ശരീരത്തോടൊപ്പം ലോകം മറിയും സ്വപ്നം മാത്രം കാണും ആ പ്ലെയിൻ വിട്ട് അല്പം കൂടെ ഉള്ളിലേക്ക് മറഞ്ഞാൽ സ്വപ്നവും പോകും ഒരു ആവരണം മാത്രമായി സുഖമായി ഉറങ്ങും മനസ്സിലാണ് ലോകവും ശരീരവും ഇരിക്കുന്നത് ശരീരമില്ലെങ്കിൽ ലോകത്തിനെ കാണാൻ പറ്റില്ല മനസ്സാണ് ശരീരത്തിനെ വിജൃംഭണം ചെയ്യുന്നതും സംഹാരം ചെയ്യുന്നതുമൊക്കെ അപ്പം മനസ്സ് എന്ന് പറഞ്ഞത് ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന ഒരു വിചിത്ര ശക്തി അതില് മൂന്ന് ഗുണങ്ങളുണ്ട് സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾക്ക് നമ്മൾ അടിമകളാണ് ലോകത്തിലെല്ലാ വസ്തുക്കളും ഈ മൂന്ന് ഗുണങ്ങൾക്ക് അടിമകളാണ് എല്ലാ വ്യക്തികളും എല്ലാ വസ്തുക്കളും നമ്മളുടെ അറിവൊക്കെ ആശ്രയിച്ചിട്ടാണ് അതൊക്കെ ഭഗവാൻ ഇനി അധ്യായത്തിൽ പറയാൻ പോകുന്നു ഏത് ഗുണമാണോ നമ്മൾ പ്രിഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മളിൽ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഈ പ്രഭാഷണം പോലും കേൾക്കാൻ പറ്റുകയുള്ളൂ അതിൽ പോലും നിങ്ങൾ സ്വതന്ത്രരല്ല അപ്പം ഈ ഗുണത്തിൻ്റെ ചലനം ചില സമയത്ത് നമുക്ക് സുഖത്തിനെ തരുകയും ചില സമയത്ത് ദുഃഖത്തിനെ തരുകയും ചില സമയത്ത് നിദ്ര ആലസ്യം മുതലായ ദൂഷ്യങ്ങളെ തരുകയും പല ചലിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും നിശ്ചലമായി ഒരിടത്ത് നിൽക്കില്ല ഗുണങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി ധ്യാനം ചെയ്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അധ്യാത്മ അനുഭവം നേടിയാൽ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നും കുറേ ദിവസം കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കാതെ ഒരു ദിവസം അത് അപ്പോഴാണ് സാധകന്മാര് എന്ന് പറയണ ഒരു പ്രത്യേക ജീവികളുണ്ട് ലോകത്തില് അവരാശ്ചര്യപ്പെടുക ഞങ്ങൾ ഇത്രയും നേരം ഇതൊക്കെ വന്നുകഴിഞ്ഞു എന്ന് വിചാരിക്കും വന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ചു ഒക്കെ പോയിയല്ലോ എന്ന് പറയും അപ്പൊ പോവുകയും വരികയും ചെയ്യാത്തതും ഭഗവാൻ എങ്ങനെ നിത്യനിരന്തരം ആനന്ദ സ്വരൂപനായിട്ട് ഇരിക്കുന്നുവോ അതുപോലെ ഇരിക്കുകയും ചെയ്യണമെങ്കിൽ ഭഗവത് സാധർമ്യം ണ്ടാവണമെങ്കിൽ ഈ ഗുണങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും പുറത്തു ചാടാൻ ഉള്ള വഴി വേണം അറുതെ കേൾക്കുക എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഗുണത്തിൽ പെട്ടുപോകും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വഭാവത്തിലുള്ളതാണ് ഭഗവാൻ അതാണ് പറയണത് യജ്ഞാത്വ പരാംസിദ്ധ്യം പരാംസിദ്ധ്യം എന്ന് വെച്ചാൽ അറ്റൈൻമെന്റ് ആത്മസാക്ഷാത്കാരം ജീവൻ മുക്തി ജീവിച്ചിരിക്കുമ്പോ തന്നെ നിത്യസ്വതന്ത്രമായ സ്ഥിതി ഉണ്ടാവും മുനികളൊക്കെ നേടിയെടുത്തു എന്ന് കൃഷ്ണൻ കള്ളം പറഞ്ഞതല്ലോ സാധ്യമാണെന്നാണ് അത്തരത്തിലുള്ളൊരു അവസ്ഥ അതിനാണ് ഭഗവാൻ പറയണത് ഈ ജ്ഞാനം നിനക്ക് പറഞ്ഞുതരാം